ം ഇരുപത്തി മൂന്ന് ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത് ഇഷായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ ഇസ്രയേലിൻ മധുര തന്നെ യഹോബിയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു ഇസ്രയേലിന്റെ ദൈവം കൽപ്പിച്ചു ഇസ്രയേലിൻ പാറ എന്നോട് അരുളിച്ചെയ്തു മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ വാഴുന്നവൻ മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കലെ പ്രകാശത്തിന് തുല്യൻ മഴയ്ക്കു സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ ദൈവസന്നധിയിൽ ഗ്രഹം അതുപോലെയല്ലയോ അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കയില്ലയോ എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെ ആകുന്നു അവയെ തൊടുവാൻ തുനിയെന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ാണ് അവയെ അവ കിടക്കുന്നടുത്ത് തന്നെ തീവച്ച് ചൂട്ടുകളയാണ് ദാവിദനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത് തഹ് കമോന്യൻ യോഷേബ് ബഷേബത്ത് അവൻ നായകന്മാരിൽ തലവൻ എണ്ണൂറ് പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന യെസ്ന്യൻ അദീനോ ഇവൻ തന്നെ അവന്റെ ശേഷം ഒരു ഹോഹ്യന്റെ മകനായ ദോദായിയുടെ മകൻ എലയാസാർ അവൻ ഫെലിസ്തീർ യുദ്ധത്തിനു കൂടിയിരുന്ന സ്ഥലത്തുനിന്ന് ഇസ്രയേലിൽ പോയിക്കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടെ നിന്ന് ഫെലിസ്തേരെ വെല്ലുവിളിച്ച മൂന്നു വീരന്മാരിൽ ഒരുത്തനായിരുന്നു അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്തേരെ വെട്ടി അന്ന് യഹോവ വലിയൊരു ജയം നൽകി കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ അവന്റെ ശേഷം ഹാരാജ്യനായ ആഗേയുടെ മകനായ ശമ്മ ഒരിക്കൽ ചെറുപയർ ഉള്ളൊരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്തീർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് പെലിസ്തേരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി മുപ്പത് നായകന്മാരിൽ മൂന്നുപേർ കൊയ്ത്തുകാലത്ത് അതുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു ഫിലിസ്തീരുടെ സൈന്യം രഫായിൻ താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തീർക്ക് ബേത്തലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു ബേത്തലഹേം പട്ടണവാതുക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് വീരന്മാരും പെലിസ്റ്ററുടെ പാളയത്തിൽ കൂടി കടന്നുചെന്ന് ബേത്തലെഹേം പട്ടണവാതുക്കളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു യഹോവേ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചുപോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു അത് കുടിപ്പാൻ അവന് മനസ്സിലായിരുന്നു ഇതാകുന്നു ഈ മൂന്ന് വീരന്മാർ ചെയ്തത് യോവാബിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബിഷായി മൂന്നുപേരിൽ തലവനായിരുന്നു അവൻ തന്റെ കുന്ത മുന്നൂറ് പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു അതുകൊണ്ടവൻ മൂവരിൽ വച്ച് കീർത്തി പ്രാപിച്ചു അവൻ മൂവരിലും മാനമേറിയവൻ ആയിരുന്നു അവർക്ക് തലവനായിത്തീർന്നു എന്നാൽ അവൻ മറ്റേ മൂവരോളം വരികയില്ല കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബനായാവും വീരപ്രവർത്തികൾ ചെയ്തു അവർ മോവാബിലെ അരിയേലിന്റെ രണ്ടു പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കുന്നുകളഞ്ഞു അവൻ കോമളനായ ഒരു മിശ്രയിമിനെയും സംഹരിച്ചു മിസ്രയിമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിശ്രയിമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചുപറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു ഇത് യഹോയാദയുടെ മകനായ ബനായാവ് ചെയ്തു മൂന്ന് വീരന്മാരിൽ കീർത്തി പ്രാപിച്ചു അവൻ മുപ്പത് പേരിൽ മാനമേറിയവനായിരുന്നു എങ്കിലും മറ്റേ മൂന്ന് പേരോളം വരികയില്ല ദാവിദ്വനെ അകമ്പടി നായകനാക്കി യോവാബിന്റെ സഹോദരനായ അസാഹേൽ മുപ്പത് പേരിൽ ഒരുത്തനായിരുന്നു അവർ ആരെന്നാൽ ബത്ലഹേമ്യനായ ോതോവിന്റെ മകൻ എൽഹാനാൻ ഹരോദ്യൻ ഷമ്മ ഹരോദ്യൻ എലീക പൽത്യൻ ഹേലസ് തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈരാ അനഥോത്യൻ അബിയസർ ഹൂശാത്യൻ മെബുനായി അഹോഹ്യൻ സൽമോൻ നെത്തോഫാത്യൻ മഹരായി നെത്തോഫാത്യനായ യുടെ മകൻ ഹേലബ് ബെന്യാമീനരുടെ ഗിബയയിൽ നിന്നുള്ള രീബായിയുടെ മകൻ ഇഥായി പിരാത്തോന്യൻ ബനയ്യാവോ നഹലേഗാഷുക്കാരൻ ഹിദായി അർബാത്യൻ അബി അൽബോൻ ബർഹൂമ്യൻ അസ്മാവത്ത് ഷാൽബോന്യൻ എല്യാഹ്ബ യാഷന്റെ പുത്രന്മാർ യോനാഥാൻ ഹരാജയൻ ഷമ്മ അരാജ്യനായ ശരാരിന്റെ മകൻ അഹീരാ മാഖാത്തിന്റെ മകനായ അഹസ്ബായിയുടെ മകൻ എലിഫേലത്ത് ഗിലോന്യനായ അഹിതൊഫേലിന്റെ മകൻ എലിയാം കർമേലിയൻ ഹെസ്റോ അർബ്യൻ പാറായി ശോഭക്കാരനായ നാഥാന്റെ മകൻ ഇഗാൽ ൻ ബാനി സെരൂയയുടെ മകനായ യോവാപിന്റെ ആയുധവാഹകന്മാരായ അമ്മൂന്യൻ സേലക് ബരോത്യൻ നഹരായി ഇത്രിയൻ ഈര ഇത്രിയൻ ഗാരെ ഹിത്യൻ ഊരിയാവ് ഇങ്ങനെ ആകെ മുപ്പത്തിയേഴ് പേർ